ഐഹിക ജീവിതത്തിന്റെ ഉദാഹരണം നീ അവർക്ക് പറയുക നാം ആകാശത്തുനിന്ന് ഇറക്കിയ വെള്ളം പോലെയാണത് ഭൂമിയിലെ സസ്യങ്ങൾ അതിലൂടെ സമൃദ്ധമായി വളരുന്നു പിന്നീട് അത് കാറ്റിൽ പറക്കുന്ന ഉണങ്ങിയ ചപ്പു മാറുന്നു അള്ളാഹു സുബഹാനഹൂവത്ത് ആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്